ിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ പോന്തിയോസ് ഫിലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതൂര്യ പ്രകോമിത്തി ദേശത്തിലും ലൂസാന്യസ് അബീലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും കാലം ശെഹരിയാവിന്റെ മകനായ യോഹന്നാനാണ് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി അവൻ യോർഡാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു മരുഭൂമിയിൽ വിളിച്ചുപറയുന്നവന്റെ വാർത്താവിത് കർത്താവിന്റെ വഴി ഒരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും നികന്നുവരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് വഴിയായും തീരും സ്വകേല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ എഷയാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആ യോഗ്യമായ ഫലം കയറ്റീ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത് അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് ഓടാനി വച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ഒരു അവനോട് ചോദിച്ചു അതിന് അവൻ രണ്ടു വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നു കരം പറഞ്ഞു ചൂങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു ഗുരോ ഞങ്ങളെന്തു ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും തിരിക്കരുത് എന്നവൻ പറഞ്ഞു പടജനവും അവനോട് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്നു വ്യക്തിയും എന്നവരോട് പറഞ്ഞു ജനം കാത്തുനിന്നു അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു അവന്റെ ചുരുത്തിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും അവന് വീശുമുറം കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പൂരയിൽ കൂട്ടിവയ്ക്കുകയും പതിർ കെടാസ തീയിലിട്ട് ചുട്ട് കളയുകയും ചെയ്യും മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു എന്നാൽ ഇടപ്രഭുവായ ഹേരോദാവ് സഹോദരന്റെ ഭാര്യ ഹേരോദ്യ നിമിത്തവും ഹേരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കുകയാൽ അതെല്ലാം അവനെ തടവിലാക്കുകയും ചെയ്തു ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേലിറങ്ങി വന്നു നീ എന്റെ ധ്രിയ പുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു അവൻ യോസേഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു യോസേഫ് ഹേലിയുടെ മകൻ ഏലി മത്താത്തിന്റെ മകൻ മത്താത്ത് ലേവിയുടെ മകൻ ലേവി മെൽക്കിയുടെ മകൻ മെൽക്കി എന്നായിയുടെ മകൻ എന്നായി യോസ്തേഷിന്റെ മകൻ യോസ്തേസ് മസധ്യാസിന്റെ മകൻ മസ്യോസ് ആമോസിന്റെ മകൻ ആമോസ് നാഹൂമിന്റെ മകൻ നാഹൂം എസ്കിയുടെ മകൻ എസ്കി നഗായിയുടെ മകൻ നഗായി മയാത്തിന്റെ മകൻ മയാത്ത് മത്തധ്യോസിന്റെ മകൻ മസത്യോസ് ഷെമയിയുടെ മകൻ ഷെമയി യോസേഫിന്റെ മകൻ യോസേഫ് യോധയുടെ മകൻ യോദ യോഹന്നാന്റെ മകൻ യോഹന്നാൻ രേസയുടെ മകൻ രേസ സോരോബാബേലിന്റെ മകൻ സോരോബാബേൽ സ്റ്റലഥിയേലിന്റെ മകൻ സ്റ്റലഥിയേൽ നേരിയുടെ മകൻ നേരി മെൽക്കിയുടെ മകൻ മെൽക്കി അബ്ദിയുടെ മകൻ അദ്ദി ഓസാമിന്റെ മകൻ കോസാം എൽമാദാബിന്റെ മകൻ ൽമാദാം ഏരിന്റെ മകൻ യേർ യോസ്റ്റിമിന്റെ മകൻ യോസ്സറിന്റെ മകൻ എലിയേസർ യോലീമിന്റെ മകൻ യോരീൻ മത്താത്തിന്റെ മകൻ മത്താത്ത് ലേവിയുടെ മകൻ ലേവി ഷിമിയോന്റെ മകൻ സുമിയോൻ യഹൂദയുടെ മകൻ യഹൂദ യോസ്തഫിന്റെ മകൻ യോസേഫ് യോനാമിന്റെ മകൻ യോനാം എല്യാക്കീമിന്റെ മകൻ എല്യാക്കീം മെല്ലിയാവിന്റെ മകൻ മെല്ലിയാവ് മെന്നയുടെ മകൻ മെന്ന മഥത്തയുടെ മകൻ മഥത്ത നാഥാന്റെ നാഥാൻ ദാവീദിന്റെ മകൻ ദാവീദ് ഇഷായിയുടെ മകൻ ഇഷായി ഓബേദിന്റെ മകൻ ഓബേദ് ബോവസിന്റെ മകൻ ബോവസ് സൽമോന്റെ മകൻ സൽമോൻ നഹസോന്റെ മകൻ നഹസോൻ അമീനാദാബിന്റെ മകൻ അമീനാദാബ് ആരാമിന്റെ മകൻ ആരാം യെറോന്റെ മകൻ മകൻ പാരസ് യഹൂദയുടെ മകൻ യഹൂദ യാക്കോബിന്റെ മകൻ യാക്കോബ് ഇസ്സഹാക്കിന്റെ മകൻ ഇസ്സഹാഖ് അബ്രഹാമിന്റെ മകൻ അബ്രഹാം പേരഹിന്റെ മകൻ പേരഹ് നാഹോറിന്റെ മകൻ നാഹോർ സെരൂഗിന്റെ മകൻ സെരൂഗ് രഘുവിന്റെ മകൻ രഘു ഫാലേഗിന്റെ മകൻ പാലേഗ് ഏബേറിന്റെ മകൻ ഏബേർ ഷലാമിന്റെ മകൻ സലാം മകൻ കയ്യാൻ അർഫക്സാദിന്റെ മകൻ അർഫക്സാദ് സ്റ്റേമിന്റെ മകൻ ഷേം നോഹയുടെ മകൻ നോഹ ലാമേക്കിന്റെ മകൻ ലാമേക് മെഥുസ്തലയുടെ മകൻ മെഥുസല ഹാനോക്കിന്റെ മകൻ ഹാനോക് യാരേദിന്റെ മകൻ യാാരേദ് മലേരിയവിന്റെ മകൻ മലേരിയൽ കയ്യീനാന്റെ മകൻ കയ്യൂനാൻ ഏനോസ്കിന്റെ മകൻ ഏനോസ്റ്റ് സ്റ്റേത്തിന്റെ മകൻ മിന്റെ മകൻ ആദാം ദൈവത്തിന്റെ മകൻ